തീർച്ചയായും നാം തൌറാത്തിറക്കി അതിൽ സന്മാർഗവും പ്രകാശവുമുണ്ട് സമർപ്പിച്ച പ്രവാചകന്മാർ അലഹിസ്സലാം അതുപയോഗിച്ച ഹൂതർക്കും റബ്ബാനികൾക്കും പണ്ഡിതന്മാർക്കും വിധി നൽകി അള്ളാഹു സുബഹാനഹൂവറ്റ ആല തന്റെ ഗ്രന്ഥത്തിൽ നിന്ന് അവരെ ഏൽപ്പിച്ച കാര്യങ്ങൾ അവർ പാലിക്കുകയും അതിന് സാക്ഷികളാവുകയും ചെയ്തു അതിനാൽ നിങ്ങൾ മനുഷ്യരെ ഭയപ്പെടേണ്ട എന്നെ ഭയപ്പെടുക എന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ തുച്ഛമായ വിലയ്ക്ക് വിൽക്കരുത് അല്ലാഹു സുബഹാനുഹൂവറ്റ ആല ഇറക്കിയതുകൊണ്ട് വിധി തീർക്കാത്തവർ അവരാകുന്നു സത്യനിഷേധികൾ